സോരനെ കുറിച്ചുള്ള പ്രവാചകം തർശീഷ് കപ്പലുകളെ മുറയിടുവൻ ഒരു വീടും ശേഷിക്കാത്തവണ്ണവും പ്രവേശനം ഇല്ലാതെ അത് ശൂന്യമായിരിക്കുന്നു കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു സമുദ്ര തീരനിവാസികളെ സമുദ്ര സഞ്ചാരം ചെയ്യുന്ന സീതോന്യ നിന്നെ പരിപൂർണയാക്കിയല്ലോ വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീല നദിയെങ്കിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു അത് ജാതികളുടെ ചന്ത ആയിരുന്നു സീതോനെ ലജ്ജിച്ചുകൊള്ളുക എനിക്ക് നോവുകിട്ടിയിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല ബാലന്മാരെ പോറ്റിട്ടില്ല കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രം സമുദ്ര തന്നെ പറഞ്ഞിരിക്കുന്നു സൂര്യന്റെ വർത്തമാനം മിശ്രയിമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും തർശീസിലേക്ക് കടന്നു ചെല്ലുവീൻ സമുദ്രതീരനിവാസികളെ മുറയിടുവീൻ പുരാതനമായി പണ്ടുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാകുന്നുവോ സ്വന്തക്കാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സൂര്യനെക്കുറിച്ച് അത് നിർണയിച്ചതാ സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ ഹോവ അത് നിർണയിച്ചിരിക്കുന്നു തർശീഷ് പുത്രിയെ ഇനി ബന്ധനമില്ലായികയാൽ നീ നീല പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക അവൻ സമുദ്രത്തിന്മേൽ ീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു യഹോവ കനാനെക്കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു ബലാൽക്കാരം അനുഭവിച്ച കന്യകയായ സീതോൻ പുത്രി ഇനി നീ ഉല്ലസിക്കയില്ല എഴുന്നേറ്റ് കിട്ടീമിലേക്ക് കടന്നുപോക അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു ഇതാ കൽതയരുടെ ദേശം ഈ ജനം ില്ലാതെയായി അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണുതൂ അതിലെ അരമനകളെ ഇടിച്ചു അതിനെ ശൂന്യകുംഭാരമാക്കി തീർത്തു തർശീഷ് കപ്പലുകളെ മുറയിടുവി നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത എഴുപത് സംവത്സരത്തേക്ക് മറന്നുകിടക്കും എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് സൂര്യന് വേശിയുടെ പാട്ടുപോലെ സംഭവിക്കും മറന്നുകിടന്നിരുന്ന വേശിയെ വീണ എടുത്ത് പട്ടണത്തിൽ ചുറ്റിനടക്ക നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സൂര്യനെ സന്ദർശിക്കും അപ്പോൾ അത് തന്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോക രാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചുവെക്കുകയോ ചെയ്യുകയില്ല അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നദ്ധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മൂടിയുള്ള ഉടുപ്പിനുമായി ഉതകും